ഭാഷയത്തിൽ പറഞ്ഞാൽ അഭ്യുദലം ധർമ്മജ്ഞാനം അനുഷ്ഠാനാപേക്ഷം നിശ്രേയസഫല ബ്രഹ്മവിജ്ഞാനം അനുഷ്ഠാനാന്തരാപേക്ഷം ധർമ്മജ്ഞാനത്തിന്റെ ഫലം സ്വർഗാദികളാണ് അതിനനുഷ്ഠാനാവശ്യമാണ് പ്രവൃത്തി ആവശ്യമാണ് ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലം മോക്ഷമാണ് അവിടെ പ്രവൃത്തിയുടെ ആവശ്യം എന്താണ് ഭവിഷ്യധർമ്മോ ജിജ്ഞാസുണ്ടാകുന്നതാണ് ധർമ്മം പൂർവീമാംസയിൽ അറിയാൻ ആഗ്രഹിക്കുന്നതായ ആ ധർമ്മം ഉണ്ടാകുന്നതാണ് എന്നാൽ ജ്ഞാനകാലേ അസ്ഥി പൂർവീമാംസയിലെ ആ ജ്ഞാനം ധർമ്മജ്ഞാനം ആ കാലത്ത് ധർമ്മമില്ല കാരണം ധർമ്മയാഗമാണ് അത് പ്രവൃത്തി കൊണ്ടുണ്ടാകുന്നതാണ് ധർമ്മം എന്ന് പറയുന്നത് പുരുഷന്റെ വ്യാപാരത്തിന് അതിന്റെ ഫലവും പുരുഷന്റെ പ്രവൃത്തിക്കധീനമാണ് ഇഹത് ഭൂതം ബ്രഹ്മ ജിജ്ഞാസ്യം ഇവിടെ എന്താണ് സത്യമായിരിക്കുന്ന ബ്രഹ്മമാണ് ഇച്ഛയ്ക്ക് വിഷയമായിരിക്കുന്നു ജിജ്ഞാസയ്ക്ക് വിഷയമായിരിക്കുന്നു നിത്യത്വ എന്ന പുരുഷ വ്യാപാരതന്ത്രം ബ്രഹ്മം നിത്യമാണ് അത് പുരുഷന്റെ പ്രവൃത്തിക്ക് അധീനമല്ല അത് മാത്രം എന്നി പറയുന്ന പ്രവൃത്തി ഭേദാവസ്ഥ അതിനെ വ്യാഖ്യാനിക്കുന്നു എന്നാ കേവലം സ്വരൂപതോ ജിജ്ഞാസിയോർ ഭേദം ജിജ്ഞാസ്യമായിരിക്കുന്ന ധർമ്മവും ബ്രഹ്മവും തമ്മിൽ സ്വരൂപത്തിൽ ഭേദം എന്നുവെച്ചാൽ രണ്ട് എണ്ണ ഉള്ള നിലയ്ക്കുള്ള ധർമ്മം ബ്രഹ്മം എന്നുള്ള നിലയ്ക്കുള്ള മാത്രമല്ല ഞാപക പ്രമാണ പ്രവൃത്തി ഭേദാദവി ഭേദം ാരൻ പറ ഇതിനെ ബോധിപ്പിക്കുന്ന പ്രമാണത്തിന്റെ പ്രവൃത്തിയിലും വ്യത്യാസമുണ്ട് ഇതിനെ ബോധിപ്പിക്കുന്ന പ്രമാണമെന്നുവെച്ചാൽ വേദമാണ് ആ വേദത്തിന്റെ പ്രവൃത്തിയിലും വ്യത്യാസമുണ്ട് നിത്യാഹ ചോദന പ്രവൃത്തി ഭേദാച് ഭാഷകാരം പറഞ്ഞു അതെന്താണെന്ന് വിശദീകരിക്കുന്നു ഭാഷ പറയുന്നു ധർമ്മ ലക്ഷണം അവബോധി ചോദന എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ ലക്ഷണമാണ് ധർമ്മത്തിന് പ്രമാണമാണെന്നർത്ഥം ചോദന എന്ന് വച്ചാൽ വേദവാക്യം സ്വർഗകാമോ യജയിത തുടങ്ങിയ വേദവാക്യം ഇത് ധർമ്മത്തിന് പ്രമാണമാണ് അതെന്ത് ചെയ്യുന്നു അതിന്റെ വിഷയത്തിൽ നുഞ്ചാന പുരുഷൻ പുരുഷനെ ആ വിഷയത്തിലേക്ക് പ്രവർത്തിപ്പിച്ചുകൊണ്ട് അവ ബോധി കേവലം ബോധിപ്പിക്കാൻ മാത്രമല്ല പ്രവർത്തിപ്പിക്കുകയും കൂടെയാണ് അത് ഭാമതികാരം പറയുന്നു ചോദനയില് വൈദിക ശബ്ദമാഹ വൈദിക ശബ്ദത്തിനാണ് ചോദന എന്ന് വേദവാക്യങ്ങളെയാണ് എന്ന് പറയുന്നത് ചോദന വിശേഷേണ സാമാന്യസ്യ രക്ഷണ യഥാർത്ഥത്തിൽ ചോദന എന്ന് പറയുന്നത് വിധിവാക്യങ്ങളെയാണ് വേദത്തില് അതിനാണ് ചോദന എന്ന് പറയും പക്ഷേ ഇവിടെ ആ വിശ വിശേഷമായ ശബ്ദത്തിലുള്ള വിശേഷ സാമാന്യ ലക്ഷണം സാമാന്യമായ വേദവാക്യങ്ങളെ ബോധിപ്പിക്കുകയാണ് വെച്ച ഇവിടെ വിധി വിധിവാക്യങ്ങളും അല്ലാത്തതുകൊണ്ട് സ്വർഗകാമ യജേത അതാണ് വിധി സാധാരണ മീമാംസയില് പൂർവ്വമീമാംസയിലെ ചോദന എന്ന് പറഞ്ഞാൽ വിധിവാക്യം പക്ഷെ ഇവിടെ പറയുമ്പോൾ ഭാഷകാലം പറയുമ്പോ ചോദനാപ്രവൃത്തി എന്ന് പറയുമ്പോ സത്യം ജ്ഞാനോ അനന്തം ബ്രഹ്മ അത് വിധിയല്ല സത്യമായ ഒരു വസ്തുവിനെ ബോധിപ്പിക്കുകയാണ് സത്യം ഞാനോ അനന്തം ബ്രഹ്മ അപ്പോ അതിനെ എടുക്കണം സത്യത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളെടുക്കണം ചോദനന്ന് പറഞ്ഞ വിധി മാത്രം എടുത്താൽ പോരാൻ നടക്കാണ് വിശേഷീണ ചോദന വിശേഷ കൊണ്ട് സാമാന്യമായി എല്ലാ വേദവാക്യങ്ങളെയും ലക്ഷണം ബോധിപ്പിക്കുന്നു ചോദന ചോദന ചോദനായി ഭൂതം ഭവന്തം ഭവിഷ്യന്തം ചോദനയെ കുറിച്ച് പറയുന്നത് ചോദന എന്തിനെയൊക്കെ ബോധിപ്പിക്കും ഭൂതം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കും അതായത് ഭേദവാക്യം ചോണ്ട ചോദന കഴിഞ്ഞ കാലത്ത് ബോധിപ്പിക്കുന്ന വെച്ച ഇത് ശാബരസ്വാമി പറയുന്ന സൃഷ്ടി അതിനെ കുറിച്ച് ബോധിപ്പിക്കും എങ്ങനെയാണ് ഈ പ്രപഞ്ചം ആരാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് പ്രജാപതിരണ്ണികർ പതി അവരെ കുറിച്ചൊക്കെ പറയും ഭൂതമ കാര്യത്തെ അത് ബോധിപ്പിക്കും പിന്നെ ശാബരസ്വാമി പറയാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നവരാണോ സൃഷ്ടി ഏതെങ്കിലും പ്രജാപതി സൃഷ്ടിച്ചാണോ ഈ പ്രപഞ്ചത്തെ അതൊന്നും അല്ല അന്ന് അവരുടെ വിശ്വാസം അനുസരിച്ച് പറയുന്നു വേദത്തിലെല്ലാം പറഞ്ഞിട്ടുള്ളൂ ഇതാണ് വേദത്തിലെല്ലാം ഉണ്ടെന്ന് ഇന്നും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതാരോസ അതിന് അവിടെ ഇരിക്കുന്നു ഏഹ് പോയാ ചോദന ഭാഷ എഴുതിയാണ് പൂർവമീമാംസ ജയമിനിയുടെ സൂത്രങ്ങൾക്ക് ഭാഷ എഴുതിയാലാണ് ശാബരസ്വാമി ദൈവം പറഞ്ഞിരിക്കണ വേദത്തില് ഭൂതവകാര്യം എല്ലാം പറയും സൃഷ്ടി എങ്ങനെ ഉണ്ടായിന്ന് പറയുന്നുണ്ട് കാരണം സൃഷ്ടി ആദ്യം ഇങ്ങനെ സൃഷ്ടിച്ചു ധാ യഥാപൂർവം അകപ്പയ പഴയ കൽപ്പത്തിനെ സൃഷ്ടി പോലെ പിന്നെ സൃഷ്ടിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുറെ വേദത്തെ കുറെ പൊട്ടത്തരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് സൃഷ്ടി അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായെന്നൊന്നും വേദത്തിനറിയത്തില്ല പിന്നെ എന്തെങ്കിലും എഴുതി വെക്കാനുണ്ടോ അങ്ങനെയുള്ളു പിന്നെ ഭവന്തം ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ വേദത്തിന് അറിയാം നടക്കുന്നെച്ചാ ഇത് എഴുതുന്നത് പത്തിരണ്ടായിരം കൊല്ലക്ക് മുമ്പാണ് അന്നും നടക്കുന്ന കാര്യങ്ങളെല്ലാം വേദത്തിന് അറിയുന്നുണ്ട് ഇങ്ങനെ അറിയാം ഭൂമി ഇവരുണ്ടാണെന്ന് പോലും വേറെ സ്ഥലത്ത് മനുഷ്യരുണ്ടെന്ന് അറിയത്തില്ല മറ്റു സംസ്കാരങ്ങളുണ്ടെന്നറിയത്തില്ല ആകെ ഈ വൈദികന്മാർ കുറച്ച് പേര് ഇവരെ കുറിച്ചെല്ലാ പേരൊന്നും അറിയത്തില്ല എന്നാലും അങ്ങനെയാണ് വിശ്വാസം മനുഷ്യന്റെ പിന്നെ ഭവിഷ്യെന്നും ഭാവിയും നടക്കാൻ പോകുന്ന എല്ലാ കാര്യവും വേദത്തിനറിയാവണം രേന്ദ്രമോദി ഭരിക്കുമെന്ന് വേദത്തെഴുതി വെച്ചിട്ടുണ്ടോ ട്രംപിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ എന്തെങ്കിലും വേദത്തിലുണ്ടോ ചുമ്മാ പറയുകയാണ് ഭാവിയിലുള്ള എല്ലാം വേദത്തിലുണ്ടെന്നാണ് പറയുന്നത് അത് ഓരോ സൂക്ഷ്മമായ കാര്യങ്ങളുണ്ട് സൂക്ഷ്മം എന്ത് സൂക്ഷ്മത് ഇവരീ പറയുന്ന എന്താണെന്ന് അറിയാം ഭൂതം എന്ന് പറയുന്നത് പഴയകാലത്തെ ബവന്തം എന്ന് പറയുന്നത് ഇപ്പോ അതാണ് അവർ പറയുന്നത് വേദത്തിന് ഭവിഷ്യന്തു പറയുന്നത് യാഗം ചെയ്താൽ സ്വർഗത്തിൽ പോവും യാഗം ചെയ്താൽ മഴ പെയ്യും ഇതൊക്കെ വേദത്തിന് അറിയാവുന്നതാണ് സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ അവർ ധരിക്കുന്ന എന്താണ് യാഗം ചെയ്താൽ അപൂർവം ഉണ്ടാവും അതറിയാവുന്നതാണ് വ്യവഹിതം മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അറിയാം വേദത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ ഫലങ്ങൾ യാഗം ചെയ്ത പുത്രയുണ്ടാകും മറ്റും പറഞ്ഞിരിക്കുന്നു വിപ്രകൃഷ്ണം ദൂരെയുള്ള കാര്യങ്ങൾ സ്വർഗം ദൂരെ ഒന്നും അറിയത്തില്ല എഴുതി വെച്ചിരിക്കും ഇതൊക്കെ അറിയാം ഗാലക്സികളെ കുറിച്ച് അറിയാമോ ദൂരെയുള്ള എത്ര ഗാലക്സികളുണ്ടെന്ന് മറ്റും അറിയാം ഇത് അന്ത ഒരു വിശ്വാസം അർത്ഥം ഇങ്ങനെയുള്ള അർത്ഥങ്ങളെല്ലാം എന്താണ് ശക്നോത്യാപകമേതം ഇതൊക്കെ ബോധിപ്പിക്കാൻ വേദത്തിന് കഴിവുണ്ട് എന്നാണ് എന്ന് അന്ന് ശബരിസ്വാമി എഴുതി വെച്ച് അതിന് യാഥാർത്ഥ്യങ്ങൾ ബന്ധവുമില്ല അപ്പൊ അതാണ് ചോദന ഈ പറയുന്ന ദൂരെയുള്ളത് എല്ലാം വേദത്തിന് അറിയാം എന്നൊരു വിശ്വാസം ചോദനയിത്യബ്രവീച്ചത്ര ശബ്ദമാത്ര വിവക്ഷയാ നീ ഭൂതാദിപിഷയ കിധായക ഇവിടെ ചോദന എന്ന് പറഞ്ഞിരിക്കുന്നത് ശബ്ദമാത്രപക്ഷ വേദത്വം മുഴുവനും ചേർത്ത് പറഞ്ഞിരിക്കുന്നു എടുത്തുകൊള്ളണം ഈ ഭൂതാദിവിഷയോ ഭൂതം വർത്തമാനം ഭാവി സൂക്ഷ്മം വിപ്രവിഷ്ടം വ്യവഹിതം തുടങ്ങിയ കാര്യങ്ങൾ കശ്ചതർത്തി വിധായക അതിനായി വിധിക്കുന്നതിനും ബോധിപ്പിക്കുന്നതിനും ഏത് മനുഷ്യനോ ഉള്ളത് വേദമല്ലാതെ ഹിമാംസരം പറയുന്നത് ഇത്രയും കാര്യങ്ങൾ പറയണമെങ്കിൽ വേദമേ പറ്റൂ അത് ഒരു ഒരാൾക്കും അത് പറയാൻ ഒരാൾക്കും ഇല്ല ഒരാൾക്കും കഴിയത്തില്ല ഈ സൃഷ്ടിയുടെ ആരംഭത്തെ കുറിച്ച് എങ്ങനെ മനുഷ്യൻ പറയും മനുഷ്യ വേദം ഹിമാംസരെ സംബന്ധിച്ച് നിത്യമാണ് നിത്യമായതുകൊണ്ട് എന്നും ഉണ്ടത് അതിനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും ഇതൊക്കെ ഒരു അന്ധവിശ്വാസം ഇതൊന്നും ഒരു കാര്യമില്ല അതാണ് ചോദന എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് ചോദന ഇത് വൈദിക ശബ്ദമാഹാ വിശേഷ സാമാന്യ സംരക്ഷണ പ്രവൃത്തി ഭേദം വിഭജി ഇനി ചോദന ധർമ്മത്തിന്റെ ചോദനയും ബ്രഹ്മത്തിന്റെ ചോദനയും ഉണ്ട് അവയുടെ പ്രവൃത്തിക്ക് ഭേദം എന്താണെന്നുള്ളത് വിജയിക്കുന്നു വേർതിരിച്ചു പറയുന്നു എന്താണ് ലക്ഷണം അത് ഭാമതികാലം പറയുന്നു അതിനെ വ്യാഖ്യാനിക്കുന്നു ആജ്ഞാദീനാം പുരുഷ അഭിപ്രായ ഭേദാനാം അസംഭവ അനുജ്ഞ ലോകത്തിൽ സാറിന് സാറിന് പറയുന്നു ഗുരുശിഷ്യനോട് പറയുന്നു ഗാം ആനയാ പശുവിനെ കൊണ്ടുവരൂ പശുവിനെ മേഘം വിട്ടിരിക്കയാണ് വൈകുന്നേരമായ ശിക്ഷനെ വിളിച്ചു വരുന്നു ഗാം ആനയെ ആ പശുവിനെ കൊണ്ടുപോ തീറ്റതെന്ന് കഴിഞ്ഞിരിക്കും ഇതൊരാജ്ഞയാണ് ആജ്ഞ എന്ന് പറയുമ്പോ എന്താണ് വലിയ ഒരാള് ചെറിയ ആളിനോട് പറയുന്ന ഓട്ടർ രാജാവ് പ്രജകളോട് പറയുന്നതിനാണ് ആജ്ഞ പിന്നെ വരുന്നത് എന്താണ് പ്രാർത്ഥന ചെറിയ ആള് വലിയ ആളെന്നോട് ചോദിക്കുന്നത് ഭിക്ഷാന് പ്രാര്രുന്നൊരു ശബ്ദമാണ് ഭിക്ഷാന് ദാരിദ്ര്യം വരുന്നു പഴയകാലത്ത് വൈദികകാലം എന്ന് വെച്ചാൽ മഹാദാരിദ്ര്യമാണ് ഒത്തിരി പേര് ഭിക്ഷക്കായിട്ട് ഇങ്ങനെ അടക്കമുള്ളവരുടെ വന്ന് ഈ പ്രാർത്ഥനയ്ക്കൊരു വലിയ ഇതുണ്ടായിരുന്നു മൂന്നാമത് വരുന്നത് അനുജ്ഞ ഒരാളൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞു ഏർപ്പെട്ടുകഴിയുമ്പോൾ അത് ആരംഭിച്ചത് തുടങ്ങി അപ്പൊ പറയണേ യഥസ് സി തഥാഗ്രൂ നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്തു ഇതാണ് അനുജ്ഞ ഒരു സമ്മതം അത് പ്രവർത്തിച്ചവന് കൊടുക്കുന്ന സമ്മതം പ്രവൃത്തിയിൽ തുടങ്ങിയവന് അപ്പൊ ഇതെല്ലാം മനുഷ്യർ ചെയ്യുന്ന കാര്യമാണ് ഒരു മനുഷ്യൻ മേലോട് ചെയ്യുന്നു അതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഭാവതികാരം പറയുന്നു അജ്ഞാദീനം പുരുഷാഭിപ്രായ ഭേദാനാം അസംഭവ അപുരുഷേ ചോദന ഉപദേശ പുരുഷ അഭിപ്രായ ഭേദാനം ഇതൊക്കെ മനുഷ്യരുടെ പറച്ചിലുകളാണ് മനുഷ്യന്റെ സംസാരമാണ് പുരുഷാഭിപ്രായ ഭേദമാണ് മനുഷ്യൻ പറയുന്നതാണ് ഇതൊക്കെ ആജ്ഞാപിക്കുക പ്രാർത്ഥിക്കുക അനുജ്ഞ യഥേ ചസി മനുഷ്യരുടെ അഭിപ്രായങ്ങളാണ് മനുഷ്യരാണിങ്ങനെയൊക്കെ പറയുന്നത് ഇതിന് പുരുഷാഭിപ്രായ വേദാനാം അസംഭവപോരുഷേ വേദത്തിലൊന്നും സംഭവിക്കില്ല കാരണം അവിടെ വേദം പറഞ്ഞ മനുഷ്യരല്ല ഇതാണ് മീമാംസകർ ഇവരുടെ എല്ലാവരുടെ അഭിപ്രായം മീമാംസരം അത് പറഞ്ഞ ഒരാളെയല്ല അദ്വൈതങ്ങളും മറ്റും പറയും അത് ഈശ്വരൻ പറഞ്ഞു അപ്പോ ഈ അദ്വൈതമെന്ന് പറയുന്നത് ഈ കട്ടിപ്പൊക്കിയിരിക്കുന്ന ഇങ്ങനെയുള്ള പരമമൂഢമായ അന്ധമായ വിശ്വാസങ്ങളിലാണ് മനസ്സിലായ എന്താ പറയുന്നത് വേദം മനുഷ്യ ഉണ്ടാക്കിയതല്ല പഴയകാലത്ത് ഇങ്ങനെ തെണ്ടി കിടന്ന മനുഷ്യർ അവര് കൃഷി ചെയ്തും കാലിമേച്ചും കാട്ടിൽ ഫലമൂലാദികളൊക്കെ പക്ഷിച്ച് നടന്ന മനുഷ്യർ പാടിയ പാട്ടുകളാണിത് ഈ പാട്ടുകളെയാണ് വ്യാഖ്യാനിച്ചിട്ട് പറയുന്നത് എന്താണിത് അപ്പോഷയാണ് മനുഷ്യൻ നിർമ്മിച്ച ദൈവം നിർമ്മിച്ചാണ് അല്ലെങ്കിൽ അതിന് തുടക്കം അത് അനാകയാണെന്നൊക്കെ ഇതിൽ നിന്നുകൊണ്ടാണ് പിന്നെ ബാക്കി പറയുന്ന വേദാന്തങ്ങളെല്ലാം കെട്ടിപ്പടുക്കുന്നത് അപ്പൊ ഈ വേദാന്തത്തിൽ എന്താ ഒരു മൂല്യമുള്ളത് ഇതുവരെ ചിന്തിച്ചിട്ട് ചിന്ത ഇനി ചിന്തിക്കണമെന്നാ ിയുടെ അമേയമായ വൈഭവത്തിലേ സാധാരണക്കാരായ ആദിവാസികൾക്ക് ഇത്രയും ചിന്തകൗശല ഇവർക്കെന്തോ ചിന്താ കൗശലേ ഉള്ളൂ ഈ ആദിവാസിന് കൗശല അതെന്താ ഒത്തിരി ബുദ്ധി എന്ന് പറയാൻ എന്താ അതിനകത്ത് ഇരിക്കുന്നത് ഒരു കുഴിയെടുത്ത് അതിനകത്ത് ഇട്ടിട്ട് ആട്ടിനെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ സ്വർഗം ഭയങ്കര ബുദ്ധിയുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നു വിചാരിച്ച ബുദ്ധി ഇല്ലാത്ത അത് ബുദ്ധിയുള്ളവരാണ് മനുഷ്യർ ഗോത്രങ്ങളായി ജീവിക്കാൻ ഇത്ര നൂറോ നൂറ്റമ്പതോ പേര് കാണും ഒരു ഗോത്രം ഇവർക്ക് പേടിക്കില്ലാ കഴിയുന്നത് നന്നു കാട്ടിൽ കഴിയുമ്പോഴത്തേക്ക് രാത്രി എരപിടിയന്മാരായ പ്രാണികളെ പേടിക്കണം മറ്റു ഗോത്രങ്ങളെ പേടിക്കണം അവര് വന്ന് പെണ്ണുങ്ങളെയും ഇവരുടെ ആട്ടിനെയും പശുവിനെയൊക്കെ പിടിച്ചോണ്ട് പോകും രാത്രി ഉറങ്ങാതിരിക്കുമ്പോ വെറുതെ ഇരിക്കാൻ പറ്റുമോ തീ തീ കൂട്ടിയിട്ട് ചുറ്റു വിരിക്കും തീ കൂട്ടിയിട്ട് ഉറങ്ങിപ്പോ ഉറങ്ങിപ്പോഹത്തൊക്കെ എന്ത് വരും പൊള്ളല് വരും അതുകൊണ്ട് അവരൊരു ബുദ്ധി കൊണ്ട് പിടിച്ച് തീ അണഞ്ഞും പോകും കുഴിയെടുത്തു മനസിലായോ കുഴിയെടുത്തിട്ട് അതിന്റെ അകത്ത് തീയിട്ടു എന്താണ് തീ ദേഹത്തെക്കായിരിക്കും അവരുടെ ബുദ്ധിയാണെന്നൊക്കെ അതൊക്കെ വല്യ ബുദ്ധിയാണ് അതെല്ലാന്ന് പറയുന്നു കുഴിഞ്ഞ ബുദ്ധി അങ്ങനെ കരയിലിടുന്നപ്പോ ഇവരെന്ത ചെയ്തു ഈ കാട്ടുമൃഗങ്ങളൊക്കെ വേട്ടയാടിക്കൊണ്ടുവന്ന് കാട്ടുമൃഗം ഉറങ്ങാതിരിക്കുമ്പോ നമ്മള് കടലൊറിച്ചോണ്ടൊക്കെ അതുപോലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടുവന്നീ കുഴിക്കാത്തിട്ട് എന്ത് ചെയ്തു ഇതിനകത്തിട്ട് ചുട്ട് ഇതിനകത്ത് ചുടുകയും അങ്ങനെ ഇത് കഴിക്കുകയും പിന്നെ ഇവർക്ക് ചെറിയ മദ്യങ്ങളൊക്കെ ഉണ്ടാക്കുക അറിയാമായിരുന്നു അന്ന് പതിനായിരം കൂടെ പഴക്കം വന്ന ഉണ്ടാക്കാൻ പഠിച്ചു ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സന്തോഷം വന്നപ്പോൾ പാട്ട് പാടാനും നൃത്തം ചെയ്യാനും ഒക്കെ തുടങ്ങി അങ്ങനെ പാട്ട് പാടിയും നൃത്തം ചെയ്യുന്നൊക്കെ വന്നത് അവർ പാടിക്കഴിഞ്ഞപ്പോൾ നല്ല പാട്ടുകൾ താളമുള്ള പാട്ടുകൾ പിന്നെ എല്ലാവർക്കും പാട്ട് എഴുതാൻ പറ്റില്ലല്ലോ അന്നു കുമാരനാശ എഴുതുമെന്ന് വിചാരിച്ച് നമുക്ക് എഴുതാൻ അപ്പോൾ കഴിവുള്ള പാട്ടുകാരുടെ പാട്ടുകൾ ബാക്കിയുള്ളവരേറ്റുപാടി അതുങ്ങളെ തുറന്നു വന്നു അതാണ് ഈ വേദം പറയുന്നത് അത് ദൈവം പറഞ്ഞെന്ന് പറഞ്ഞ് ആൾക്കാരെ എത്ര കാലം പറ്റി ഇത് മനുഷ്യൻ കുറിച്ചും ചരിത്രപരമായി ചിന്തിച്ചവനും മനസ്സിലാക്കാമെന്നില്ല മനുഷ്യ ചരിത്രത്തെ കുറിച്ച് ഹ്യൂമൻ എവല്യൂഷൻ മനുഷ്യപരിണാമത്തെ കുറിച്ച് അറിയാത്തോണ്ടാണ് മനുഷ്യപരിണാമത്തിൽ ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ് വാസ്തവമാണ് അതറിയാൻ വയ്യാത്തവരും മനുഷ്യനെ ദൈവം സ്വന്തം രൂപത്തിൽ സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നിർത്താണി കൊഴപ്പം പരിണമിച്ചു വന്ന മനുഷ്യന്റെ പരിണാമകാലങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് തൃക്കാലത്ത് എന്ത് ചെയ്തു ഇതൊക്കെ ഇങ്ങനെ വന്ന് വന്നപ്പോ അവിടെ എന്തായി കാട്ടും ഈ മൃഗങ്ങളെ നേരിടാൻ കുറച്ചുപേരെ ചുറ്റും നിർത്തി ഇത് കത്തിക്കാൻ കുറച്ചുപേരെ ഏർപ്പാട് ചെയ്തു ചൂടാൻ കുറച്ചുപേരെ അങ്ങനെ കത്തിക്കുകയും ചുടാനും ഒക്കെ ചെയ്തവർ ക്രമേണ എന്ത് ചെയ്തു ഇവരുടെ ചില വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച് അവര് ഇന്ന ദിവസം ഇന്ന ആർക്കും സങ്കല്പിച്ചുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കിട്ടിയത് ശത്രുക്കൾ ആക്രമിച്ചിട്ട് നമ്മൾ ജയിച്ചതെന്നൊക്കെ വിശ്വസിച്ച് ആരാധന ഉടങ്ങി അപ്പോ നമ്മളൊരു പത്ത് പതിനഞ്ചുപേരും ഒരുമിച്ചൊരു ക്യാമ്പിന് പോയി കഴിഞ്ഞാൽ കുറച്ചുപേരെ പാചകം ചെയ്യാൻ പ്പിക്കും വേറെ ജോലി സ്വാഭാവികം ഇന്ന് ചെയ്യുന്നു അങ്ങനെ തന്നെ പണ്ട് അങ്ങനെ ചെയ്ത അവർ പുരോഹിതന്മാരായി പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ഇവരുടെ ഒരു ആധിപത്യം നിർത്താൻ വേണ്ടി ഇതുപോലെ ശാബരസ്വാമി പോലെയുള്ളവരുടെ അങ്ങോട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങി ജൈമിനെ പോലെ അവര് പറഞ്ഞാൽ ദൈവം പറഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ അംഗീകരിക്കും മനുഷ്യൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കും ഇത് എത്ര തവണ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായിരുന്നു അവര് ഈ ഓരോ പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു അവർക്ക് ദൈവത്തെ കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു അത് പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്നാണ് ഏകനായ ദൈവമൊക്കെ പിൽക്കാലത്ത് വന്നാണ് ഇപ്പൊ വേദാന്തി ഇളാരിക്ക് കുറച്ചുകൂടെ അവരുടെ ബുദ്ധി വികസിച്ച് മറ്റത് ഈ പ്രകൃതി ശക്തികൾ ആരാധിച്ചവരാണ് അവർക്ക് ദൈവമില്ലായിരുന്നു മീമാംസകരെ ദൈവത്തെ കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷെ രുദ്രനും ഇന്ദ്രനും ഇങ്ങനെയൊക്കെയുള്ള ദേവതകളെ കുറിച്ച് പറയുന്നു അതത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ് അപ്പോ എന്താണ് പറയുന്നത് ആജ്ഞാധീനം പുരുഷാഭിപ്രായത്തിൽ ഇതൊന്നും സംഭവത്തില്ല ആജ്ഞയില്ല അവിടെ മനുഷ്യരല്ലല്ലോ പ്രാർത്ഥനയില്ല അരിജ്ഞയില്ല അതുകൊണ്ട് ചോദന എന്ന് പറഞ്ഞാൽ അവിടെ ഉപദേശം ഇന്ന് എടുക്കണം ചോദന എന്ന് ഉപദേശമാണ് അത് ഉപദേശംന്ന് പറഞ്ഞാ ഇങ്ങനെയാണ് പ്രത്യേകത ഒരാള് ഒരു യാത്ര പോകുന്നു പഴയകാലം ഒരു സ്ഥലത്തേന്ന് അതെങ്കിലും എനിക്ക് നായക്കൊന്ന് മുമ്പോട്ട് പോകാൻ കഴിയില്ല ഏതാ വഴിയെന്നറിയില്ല അപ്പൊ അവിടെ ഒരു ആട്ടിടേനാക്കുന്നു അവനോട് ചോദിക്കുന്നു എന്താണ് േന ഗാന്ധവ്യം ഏത് വഴിക്കാ പോവേണ്ടത് പാട്ടുടേം പറഞ്ഞുകൊണ്ടിരിക്കണം അനേന പഥ ഗാന്ധവ്യ ഈ വഴിക്ക് പോകണം അപ്പൊ ഈ വഴിക്ക് പോകണമെന്ന് പറയുന്ന അടുത്തെന്താണ് അവിടെ ആജ്ഞയില്ല ചെയ്യൂന്ന് പറയുന്നത് പ്രാർത്ഥനയില്ല അതും പറയുന്നില്ല അനുജ്ഞയില്ല നീ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യും അങ്ങനെയും പറയുന്നില്ല അവിടെ നിൽക്കുകയാണ് പോകാതെ വഴി അറിയാൻ വയ്യാതെ അങ്ങനെ പറഞ്ഞുകൊടുക്കുകയാണ് ഉപദേശിക്കുകയാണ് എന്താണ് ഈ വഴിക്ക് പോകൂ അങ്ങനെ പറയുന്നതിനാണ് ഉപദേശം പറയും ഈ വഴിക്ക് പോകൂ എന്ന് പറയുന്നതാണ് ഉപദേശം അപ്പൊ ചോദന എന്ന് പറഞ്ഞാൽ എന്ത് വേണം ഉപദേശം അർത്ഥം അതേ ഉക്തം തസ്യജ്ഞാനം ഉപദേശ ഇത് ഗൈമിനി പറഞ്ഞാണ് തസ്യജ്ഞാനം ഉപദേശ എന്ന് പറഞ്ഞത് എന്നുവെച്ചാൽ തസ്യെന്നുവെച്ചാൽ ജ്ഞാനമെന്ന് പറഞ്ഞാൽ അനേനീതി ജ്ഞാനം എന്നുവെച്ചാൽ പ്രമാണം ധർമ്മത്തിന്റെ പ്രമാണം എന്താണ് ഉപദേശം ഉപദേശം എന്ന് വെച്ചാൽ വേദവാക്യം അപ്പോ തസ്യ ജ്ഞാനോ ഉപദേശയുടെ അർത്ഥം എങ്ങനെയാണ് ശബ്ദങ്ങളൊക്കെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അർത്ഥം കൊടുക്കുന്നത് തസ്യം എന്ന് പറഞ്ഞാൽ ധർമ്മം എന്നർത്ഥം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രമാണമെന്നർത്തും ഉപദേശം എന്ന് പറഞ്ഞാൽ വാക്യം അപ്പൊ ധർമ്മത്തിന് പ്രമാണമായിരിക്കുന്നത് വേദവാക്യമാണ് എന്നർത്ഥം ഇത് ജൈമിനിയുടെ സൂത്രമാണ് സേനേന അഭിചരൻ യജേത എന്നൊരു വാക്യമാണ് അഭിചരൻ പഴയകാലത്ത് പറഞ്ഞിരിക്കുന്നത് സേനൻ പറയുന്നത് യാഗത്തിന്റെ പേരാണ് ഇത് പഴയകാലത്ത് രാജാക്കന്മാർക്ക് ശത്രുക്കള ശത്രു രാജാക്കന്മാർ കൊല്ലാൻ വേണ്ടി ചെയ്യുന്ന ഒരു അഭിചാരകർമ്മമാണ് അഭിചരൻ യജേത ചേനയാഗം ചെയ്തു ചേന അവിടെ പറയേണ്ടത് എങ്ങനെയാണോ ഒരു പരന്ത ആകാശത്തു വന്ന് പറന്നു വന്ന് ശത്രുക്കളെങ്ങനെ ഒക്കെ ഇരയെ അതുപോലെ ഈ യാഗം ചെയ്തു കഴിഞ്ഞാൽ മറ്റവൻ എതിരാളി അവൻ ചാകൻ എതിരാളിയെപ്പോലും ഇതൊന്നും ചെയ്യണ്ട യാഗം ചെയ്തവൻ കഷ്ടപ്പെടേണ്ട കാര്യം അതാണ് ശേന വിചാര അപ്പോ വേദത്തിൽ കൊല്ലാൻ പറയുവോ ഇങ്ങനെ ശത്രുവിനെ കൊല്ലാൻ പറയുകയോ അതൊരു മോശം കാര്യമാണല്ലോ വേദം അങ്ങനെ പറയുക ശരിയല്ല അപ്പൊ അതിന് ശാപര എന്താണ് ഇത് സേനേനെ അഭിജന എന്ന് പറഞ്ഞാൽ സേനയാഗം കൊല്ലാൻ വേണ്ടി നീ ചെയ്യണമെന്നല്ല പറഞ്ഞിരിക്കുന്നു അതിന്റെ കർത്തവ്യം എന്നല്ല പറഞ്ഞിരിക്കുന്നത് പിന്നെന്താണ് ആർക്കെങ്കിലും കൊല്ലാൻ മനസ്സിലൊരാഗ്രഹം വന്നുകഴിഞ്ഞാൽ അതിനുള്ള ഒരു ഉപായും അത്രയേ ഉള്ളൂ അല്ല ഇതുകൊണ്ട് കൊല്ലാൻ പറയുന്നില്ല മനസിലായ വിരിക്കുകയല്ല ശേന യാഗം ചെയ്ത് ശത്രുക്കൾ കൊല്ലാൻ പറയുകയല്ല കാരണം കുറച്ച് കഷ്ടമായി പോയി ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് വേദം വിരിക്കുന്നു അതുകൊണ്ട് എന്ത് പറയുന്നു കൊല്ലാനല്ല പറയുന്നത് പിന്നെന്താണ് പറയുന്നത് ആർക്കെങ്കിലും കൊല്ലണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൊന്നേ തീരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതൊരു ഉപദേശം മാത്രമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞു ഉപദേശം വെച്ചാൽ വഴി പറഞ്ഞു കൊടുക്കുന്നു അല്ല ഇതെന്നെ കർത്തവ്യമാണ് ഇത് ഉപയോഗിച്ച് കൊല്ലണം എന്നാണ് പറയുന്നത് കൊല്ലാൻ ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഉപദേശം എന്നാണ് അതിന് ശരിയാകും അതാണ് പസ്യം ഞാൻ ഉപദേശമാനേന അഭിജനം ചെയ്താന്ന് പറയുന്ന ഒരു ഉപദേശമാണ് അതുകൊണ്ട് ദോഷമൊന്നുമില്ലെന്ന് പറയുന്ന മനുഷ്യർ പരസ്പരം ഇങ്ങനെ ഗോത്രങ്ങളില്ല പരസ്പരം കൊന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില പൊടിപ്പൈകളും ഈ പുരോഹിതന്മാർ അവരുടെ കൂട്ടത്തിലുള്ള ഇന്നത്തെ ബ്രാഹ്മണരൊന്നും അല്ല ഇത് പഴയ പ്രാകൃതരായ പുരോഹിതന്മാരാണ് അന്നൊക്കെ ഒരു തുണി എന്ന് കൊടുത്തിരുന്ന കാര്യം സംശയമാണ് തുണി പോയിട്ട് ഒരു പൗവിയനോനെ കൊടുത്ത് അറിയാമോ എന്നുള്ള കാര്യം സംശയമാണ് ആ കാലമാണ് തികച്ചും പ്രാകൃത മനുഷ്യരാണ് ചിന്തിക്കുന്നൊരു പറവില്ല ഗൗരന്മാരുടെ ഗോവന്മാരുടെ പിന്നോക്കാരന് പിന്നോക്കാരനെ പ്രവേശിക്കാം എന്ത് വേണ്ടുവരിമാരെല്ലാം മനസ്സിലായ കേരളത്തിന്റെ പേരില് ഗവൺമെന്റ് അതേർന്നില്ല കേട്ട് വിശ്വസിച്ചു പണ്ട് സീക്ക് കശ ഒന്ന് കത്തി നശിച്ചാത്രേ അന്ധവിശ്വാസം പറഞ്ഞു ഇതൊക്കെ പൊളിച്ചു കാരണം പ്രചോദനം ചെയ്യുന്നത് ഇതൊക്കെ എന്തിനാ ഈ അമ്പലങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വേണ്ടിട്ടാ ഏഹ് പുരോഹിതന്മാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഈ നാട്ടിലെ അമ്പലങ്ങൾ മുഴുവൻ അതിന്റെ ഗുണഭോക്താവ് പറയുന്ന പുരോഹിതനാണ് അപ്പൊ അമ്പലങ്ങളൊക്കെ വളർന്ന് ഒരുപാട് ജനങ്ങളൊക്കെ വരാൻ ഓരോ സ്ഥലം തുടങ്ങിയപ്പോ എന്താണെന്ന് വെച്ചാൽ അവിടെ മാറ്റം വന്ന് അവിടെ കുറെ കച്ചവടക്കാർക്ക് അതുകൊണ്ട് ഗുണമുണ്ടായി സ്ഥലങ്ങൾക്ക് വില കൂടി അങ്ങനെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നാലും അതിന്റെ താൽപ്പര്യം എന്ന് പറയുന്നത് ഈ പുരോഹിതന് വരുമാനം ഉണ്ടാക്കാനാണ് ഈ രോഗം മുഴുവൻ അമ്പലം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് പിന്നെ ഇതൊന്നും അതിനെ കുറിച്ചൊന്നും യാതൊരു ബോധമില്ലാത്ത മനുഷ്യർക്ക് അവിടെ ചെല്ലുമ്പോൾ ആശ്വാസം ഉണ്ടെന്ന് പറയുന്നതും അതും സത്യമാണ് ക്ക് ഒരു സന്തോഷ സമാവനമൊക്കെ ഉള്ള വിശ്വാസികൾക്ക് അതുകൊണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അതിന്റെ പ്രധാനമായ ലക്ഷ്യം പുരോഹിതന്റെ ആദായമാണ് മറ്റതൊക്കെ അതിനോടൊപ്പമുണ്ട് ഞാൻ പറയുന്നു അപ്പൊ അത്ര ശക്തമാണോ ആ ഒരു രീതി എന്ന് പറയുന്നത് ഇതൊക്കെ പത്തിരണ്ടായിരം വർഷം ഒന്നും കഴുകി വെച്ചാണെങ്കിൽ ആദ്യത്തെ സ്വാധീനമൊക്കെ ഇന്ന് സമൂഹത്തിൽ വളരെ ശക്തമാണ് ആ ശക്തി എന്ന് പറയുന്നതിലൂടെ ഉണ്ടാകുന്ന മേധാവിത്വത്തിന് ഇന്നും ശക്തിയുണ്ട് ആ മേധാവിത്വോട് കൊണ്ടാണ് ഇന്നും ബഹിഷ്കരണവും മറ്റന്നാകുന്നത് ഈ അമ്പലക്ക് പോകുന്ന ഭക്തന്മാരെല്ലാം ആ ബഹിഷ്കരിച്ചവരുടെ കൂടെ നിൽക്കത്തുള്ളൂ അയവന്റെ കൂടെ ആരും നീക്കത്തില്ല അവിടെയാണ് പ്രശ്നം മനസ്സിലായ സേനയാഗം സേനേന അഭിചരൻ ഏതാന്ന് പറഞ്ഞിരിക്കുന്നത് സേനയാഗം ചെയ്ത് കൊല്ലുക എന്ന് പറയുന്ന മോശം കാര്യമാണ് അതുകൊണ്ട് ശബരസ്വാമി വ്യാഖ്യാനിച്ചെന്താണ് ആർക്കെങ്കിലും കൊല്ലണം എന്നുള്ളൊരാഗ്രഹം വന്നു കഴിഞ്ഞു ഞാൻ ആർക്കെങ്കിലും കൊല്ലാണാഗ്രഹം വന്ന് വെച്ചാൽ തസ്യായം അഭ്യുപായത് പറഞ്ഞ് പറ്റി പിന്നീട് മുസ്ലിങ്ങളൊക്കെ ഇവിടെ ആക്രമിക്കാൻ വന്നപ്പോ ഇവിടെയുള്ള രാജാക്കന്മാരെ അടുത്ത് ഈ പുരോഹിതന്മാർ പറഞ്ഞുകൊടുത്ത് നിങ്ങളൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്യാനാകം ചെയ്ത് അവരെ കൊന്നു തരാങ്ങൾ വന്നപ്പോ അവർ ശ്യാനയാകം ചെയ്തുകൊണ്ടിരുന്നു അവരൊന്നും ഇവരെ കൊന്നിട്ട് എല്ലാം പിടിച്ചെടുത്തോ അതാണ് ഇതിന്റെ വേന ദോഷം എന്ന് പറയുന്നത് അതേ വിപ്തം തസ്സി ഉപദേശിക്കുന്നത് സാചാ च സാധ്യേ ചുരുഷവ്യാപാരംയാദ പുരുഷം അവബോധേദി എന്ന് ഭാഷ്യത്തിനോടന്നെയും ചോദന എന്ന് പറയുന്നത് അതിന്റെ സാധ്യമായിരിക്കുന്നതിന്റെ വിഷയമായിരിക്കുന്ന എന്താണ് പുരുഷവ്യാപാരമാകുന്ന ആർത്തി ആർത്തി പുരുഷന്റെ പ്രവൃത്തി അപ്പൊ ചോദനയുടെ വിഷയമാണ് പുരുഷന്റെ പ്രവൃത്തി ആർത്തിനാ സ്വർഗകാമോ എന്ന് പറയുന്ന വിധിയുണ്ടതാണ് ചോദനം അതെന്ത് ചെയ്യുന്നു അതിന്റെ വിഷയമാണ് പ്രവൃത്തി പുരുഷന് നിയംചാന എന്ന് പറയുന്നത് പുരുഷന് പ്രവർത്തിപ്പിക്കുകയാണ് പ്രേരണ കൊടുത്ത് പ്രവർത്തിപ്പിക്കുകയാണ് തദ്വിഷയത്തെ യാഗാദവും അപ്പൊ പ്രവൃത്തിയിലും പ്രവൃത്തിയുടെ വിഷയം എന്ത് യാകും എന്തിൽ പ്രവർത്തിക്കുന്നു യാഗത്തിൽ അതായത് വേദം പറയുന്നു യാഗം ചെയ്യാൻ അപ്പൊ ഇവൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ യാഗത്തോടെ അത് ചെയ്യുമ്പോ അതെല്ലാം പൂർത്തിയാകുമ്പോ യാഗമായി അപ്പൊ വ്യാപാരത്തിന്റെ വിഷയമാണ് യാഗം വ്യാപാരം ചോദനയുടെ വിധി വിഷയമാണ് വിധിയുടെ വിഷയമാണ് അത് നമ്മുടെ അങ്ങനെ പ്രവൃത്തിയിലും യാഗത്തിലും പുരുഷനെ നിയോഗിക്കുന്നു അവൻ പ്രവർത്തിപ്പിക്കുന്നു പ്രവർത്തിപ്പിച്ചിട്ട് അവനെ ബോധിപ്പിക്കുന്നു ഇവിടെ പ്രവൃത്തി എന്ന് വെച്ചാൽ വിഷയമായിരിക്കുന്ന പുരുഷ വ്യാപാര ഭാവനായ ഭാവന എന്ന് എന്ന് പറയുന്ന പുരുഷന്റെ പ്രവൃത്തിയിലും തദ്വിഷയ ആ പ്രവൃത്തിയുടെ വിഷയമായിരുന്നു യാഗാദവും പൂർവ്വത്തോട് പുരുഷ അവബോധയത് ഈ ഭാഷ അതില് പുരുഷനെ നിയോഗിച്ചുകൊണ്ട് അവനെ ബോധിപ്പിക്കുന്നു ഉം നോ നോ അങ്ങനെ കാണാ പോണം